അദൃശ്യകാര്യങ്ങളുടെ താക്കോലുകൾ അവൻറെ പക്കലാണ് അവനൊഴികെ മറ്റാരും അതറിയുകയില്ല കരയിലും കടലിലുമുള്ളതെല്ലാം അവനറിയുന്നു ഒരില പോലും അവനറിയാതെ വീഴുകയില്ല ഭൂമിയുടെ ഇരുളുകളിൽ ഒരു വിത്തോ ഈരമോ ഉണങ്ങിയതോ ആയ ഒന്നോ അവൻ അറിയാതെ ഇരിക്കുകയില്ല എല്ലാം വ്യക്തമായൊരു രേഖയിലുണ്ട്